ओम ഹരി ഓ അന്തരായതിച്ചവൈഭവം തം നരം വപുഷി കുഞ്ചലം മുഖേ മന്മഹേക്ക് തുന്തിലം മഹുരുബ്രഹ്മാ गुरु देवो മഹേശ്വരഹാ ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമഹം ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവ്യാപ്തേഹിമൂർത്തമഹം പാർയ പ്രതിബോധിത നാരായണേന സ്വയം ഗ്രഥിത പുരാണമുനിധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണീമ്യംബ ധാമി ഭഗവത്ഗീതീ നമോസ്തു വ്യാസവിശാല ബുദ്ധി ഫുൽ അവിതപത്രേത്ര യാ ഭാരത തൈലപൂർണ പ്രജ്വാലിതോ ജാനമയ പ്രദീപ്രപന്നിജേത്രൈകാണയേ ജാനമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേനഹ വസുതേ വേവ കംസാണൂരമർദനം देवकी ീ പരമാനന്ദം കൃഷ്ണം करोति ജഗദ്ഗുരു മൂക്കം കരോതി വാചാല പങ്കും ലംഘയത്തെ ഗിരികൃതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുതൻവന്തി വേദസ്രമോപനിഷദൈർഗായം സാമഗാഹ ദ്ഗ്യം യോഗിനോ യം നദുസുരാഗണ തസ്മൈ നമ പാർസാരഥിണ ശ്രാവി ശുഭം ഗിരം പാർയാർത്തിഹരോ ദൂർത്തിന ഉപനിഷത്ത് പറഞ്ഞു ആത്മാവാസ് ഈശാവാസ്യതം സർവം യത്കഞ്ച ജഗത്യാം ജഗത്ത് ഈ കാണുന്ന ജഗത്തൊക്കെ ഈശ്വരനാൽ വ്യാപൃതമാണ് അങ്ങനെ ദർശിക്കണം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആത്മാ എന്നർത്ഥം അതിൽ സംശയമുണ്ടെങ്കിൽ ഭാഗവതം അതിനൊരു വ്യാഖ്യാനം പോലെ ഇതേ മന്ത്രത്തിനെ ആത്മാവാസ്യമിതം വിശ്വം യത്കിഞ്ച ജഗത്യാം ജഗത് എന്ന് മാറ്റി ഈശ്വരനാൽ വ്യാപ്തമെന്നുള്ളത് ഭാഗവതത്തിൽ ആത്മാവാസ്യം ഈ ജഗത്ത് മുഴുവൻ ആത്മസ്വരൂപമായിട്ട് കാണുന്നു ആത്മസാക്ഷാത്കാരം ആത്മജ്ഞാജ്ഞാനം നേടിയ ജ്ഞാനികൾ എങ്ങനെ കാണുന്നു പറഞ്ഞു ആത്മാരസ് ആത്മാ പശാദാത്മാരസ്താത്മാക്ഷിണത ആത്മോത്തരത ആത്മൈവേദം സശ്യൻ മന്വാനു വിജാനൻ ആത്മരതി ആത്മക്രീഡാ ആത്മിഥുന ആത്മാനന്ദ സസ്വരാടു ഉപനിഷത്ത് പറഞ്ഞു പുറകെ ആത്മാ മുൻപിലാത്മാ വലതുവശത്ത് ഇടതുവശത്ത് മേലെ ചുവട്ടിലും ഏവം പശ്യൻ ഇങ്ങനെ കണ്ടുകൊണ്ട് ഏവം വിചാനൻ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഏവം മന്വാന ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആത്മരതി ആത്മാവിൽ തന്നെ രമിച്ചുകൊണ്ട് ആത്മക്രീഡ ആത്മാവിൽ തന്നെ കളിച്ചുകൊണ്ട് ആത്മമിഥുന തന്നിൽ നിന്ന് അന്യമായി കാണുന്ന വസ്തുക്കളൊക്കെ ആത്മസ്വരൂപമായി കണ്ടുകൊണ്ട് സസ്വരാണുഭവതി ഒരു സ്വയം പ്രകാശസ്വരൂപനായി സ്വരാജ്യ സാമ്രാജ്യാധിപതിയായിട്ടിരിക്കുന്നു എന്നുവെച്ചാൽ സർവത്ര ആത്മദർശനത്തിന്റെ ഒരു ആനന്ദം സർവത്ര ഈശ്വരദർശനത്തിന്റെ ഒരു ആനന്ദം ഭാഗവതത്തില് അതാണ് പ്രഹ്ലാദന്റെ കഥ നമ്മൾ പറയണത് എല്ലായിടത്തും ഭഗവാൻ അല്ലാതെ വേറെ ഒന്നുമില്ല അതുകൊണ്ട് പ്രഹ്ലാദൻ പ്രത്യേകിച്ച് തപസ്സൊന്നും ചെയ്തില്ല തപസ്സൊക്കെ അഹങ്കാരമുള്ളപ്പോഴേ തപസ്സും ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യാൻ ഒരാൾ വേണമല്ലോ ജ്ഞാനിക്ക് ജ്ഞാനനിഷ്ഠ തന്നെ തപസ് ജ്ഞാനിക്ക് ബ്രഹ്മം തന്നെ തപസ് പുരുഷയേ വേദം വിശ്വം കർമ്മ തോ ബ്രഹ്മപരാമൃതം ഏതോ വേദനിഹിതം ഗുഹാ സോ വിദ്യം വികരീഹ സൗമ്യ ഈശ്വരനെ അറിഞ്ഞവന് ഈശ്വര അനുഭവം സ്മരണ നിരന്തരം ഇരിക്കുമ്പോ പിന്നെന്ത് തപസ് കണ്ണു തുറന്നാലും ഭഗവാൻ തന്നെ കണ്ണു മൂടിയാലും ഭഗവാൻ തന്നെ ധ്യാനിച്ചിട്ടിപ്പോ നേടാനൊന്നുമില്ല നിരന്തരം ധ്യാനമാണ് അല്ലേ നിരന്തരം ഭഗവത് സ്മരണ അതുകൊണ്ടാണ് ഭക്തന്മാരൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട വെറുതെ നാമം ജപിച്ചോളൂ കേൾക്കുമ്പോ വളരെ സാധാരണ സാധനയായിട്ട് തോന്നും പക്ഷെ അനുസ്യൂതം ഭഗവത് സ്മരണം നിലനിർത്താനായിട്ട് ഒരു വഴിയാണ് നാമം ജപിച്ചുകൊണ്ടേയിരിക്കും ബാക്കി ഇപ്പൊ വിഷ്ണു സഹസ്രനാമം ജപിച്ച ഇരുപത് മിനിറ്റിൽ തീർന്നു പോകും വേദം ചൊല്ലിയാൽ കുറച്ചുനേരത്തിൽ തീർന്നു പോകും ക്ലാസ്സില് ഇരിക്കുമ്പോ കുറച്ചു നേരത്ത് തീർന്നു പോയി ഇതൊക്കെ ആവാം പക്ഷേ ഒരു അനുസ്യൂത സ്മരണം വേണം സതതം കീർത്തയന്തര ഒരു സതതസ്മരണ വേണം ആ സ്മരണക്കാണ് ഭഗവത് നാമം ജപിച്ചുകൊണ്ടേ ഉള്ളിലെങ്ങനെ തൈലധാരാവത്ത് ഒരു ധാര ഒരു ഒരു കരണ്ട് പോലെ എങ്ങനെ ഭഗവത് സ്മരണം അനുസ്യൂതം സഹജമായിട്ട് അങ്ങനെ സ്വാഭാവികമായിട്ടുള്ളിൽ അങ്ങനെ ഇരുന്നാൽ ഒരു ഒരു ഈകോയിസ്റ്റിക് ആയിട്ടല്ല എന്നുവച്ചാൽ ഒരു എന്തെങ്കിലുമൊക്കെ പ്രബലമായിട്ട് ചെയ്യണമെങ്കിൽ അഭിമാനം ഉണ്ടാവും ഇതൊരു പ്രബലമായ കാര്യമൊന്നുമല്ല അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നടക്കും ഒരു പൂജന്ന് വെച്ചാൽ ചെയ്യണതൊക്കെ പെട്ടെന്ന് വന്നുപോകും ഒരു ധ്യാനം എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇറങ്ങി നോക്കും ഒരു യോഗംന്ന് വെച്ചാ ഞാൻ ചെയ്യണമെന്ന് തോന്നുന്നു അല്ലേ അതുകൊണ്ടാണ് എന്തെങ്കിലും ചൊല്ലോ ആയതുകൊണ്ട് ഇങ്ങനെ ജപിച്ചോളാം നാമ ജപം സ്മരണം അങ്ങനെ സതതമായ സുലഭമായ സ്മരണ ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ എന്ന് പറയുന്നത് അതൊരു സിംപിളായിട്ടുള്ള ഒരു വഴി എന്തിനാണെന്ന് വെച്ചാൽ ആരെയാണ്സ്മരിക്കണത് ആത്മാവനെ നമ്മള് നാമജപമൊക്കെ ചെയ്യുന്നത് എന്തിനാ ആത്മാ ജപിച്ചുകൊണ്ടിരിക്കുന്ന ജപം കേൾക്കണവരെ നമ്മൾ ജപം ചെയ്യണം നമ്മൾ ചെയ്യുന്ന ജപമൊക്കെ അവസാനം ഉള്ളിലൊരു അജപ ജപമുണ്ട് നമ്മൾ ജപിക്കാതെ ഒരു ജപം നടക്കണുണ്ട് അല്ലേ ആ ജപത്തിന്റെ കോണ്ടാക്ട് വന്നാൽ ആ സ്ട്രീമിൽ വീണാൽ നമ്മളെ ജപം നിന്ന് ഉള്ളിലൊരു സ്രോതസ് ഉണ്ട് ആ സ്രോതസ്സിനെ ഉള്ളില് തൊട്ട് കഴിഞ്ഞാൽ അനുസ്യൂതം ആ മഹാമന്ത്രം അനവരതം ഒരു മഹാമന്ത്രം ഉള്ളില് സ്പന്ദിക്കുന്നുണ്ട് അത് ഒരു ഭാഷയിലുമുള്ള വാക്കല്ല അത് സംസ്കൃതമോ മലയാളമോ ഹിന്ദിയോ ഒന്നുമല്ല അത് ഭാഷയ്ക്ക് അതീതമായ ഒരു ജപം അത് അകമയ്ക്ക് തൊട്ടുകഴിഞ്ഞാൽ പിന്നെ സാധകനും ഇല്ല സാധനയും ഇല്ല സാധ്യമല്ല അപ്പോ നിരന്തരം ഭഗവത് നാമ ജപം ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ മതി എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യം ചേർ ഒന്നും നാവൊന്നേ വേണ്ടു ഹരിനാരായണായ നമ ഭഗവാൻ നാമൻ ജപിച്ചുകൊണ്ടേ ചിത്തം ശുദ്ധമാവും ചൈതന്യസ്ഫൂർത്തി ഉണ്ടാവും പിന്നെ എവിടെ നോക്കുമ്പോഴും യാതൊന്നു കാൺപത തു നാരായണ പ്രതിമ ു കൾപ്പതായണശ്രുതികൾ ത്തു ചൈവു നാരായണാർച്ചനകൾ യാത്തേ ഹരിനാരായണമെ വാർ അഗ്നി അവനിയംബുമാത്രേന്ദ്രി ഹൃദയം ചിത് അനുഗ്രഹശ സഗുണോ വിഗുണശ ഭൂമന്വസ്തിയത്മനോ വചസാനിരുതം പ്രഹ്ലാദസ്തുതി ഭാഗവതത്തിലെ പ്രഹ്ലാദൻ പറയണു അങ്ങല്ലാതെ വേറെ ഒന്നും ഞാൻ കാണുന്നില്ലയാണ് അച്ഛനാണ് ചോദിക്കുന്നത് തൂണിലുണ്ടോ തൂണിലുണ്ടോ എനിക്ക് തൂണേ കാണാൻ വയ്യ പഞ്ചഭൂതങ്ങളെ കാണാനല്ലം വായു ഈ വായു ഉണ്ടല്ലോ വായുവും നീയാണ് അഗ്നി അഗ്നി നീയാണ് വിയദ് ആകാശം നീയാണ് അമ്പു ജലം നീയാണ് പഞ്ചതന്മാത്രകള് നീയാണ് പ്രാണൻ നീയാണ് ഇന്ദ്രിയങ്ങള് നീയാണ് മനസ്സ് നീയാണ് അഭിമാനം നീയാണ് ിയാണ് സർവം ത്വമ സഗുണോ വിഗുണശഭൂമന് നല്ലത് ചീത്ത ലോകത്തില് പിരിച്ചു പറയുന്നുണ്ടല്ലോ ഇതൊക്കെ നിന്റെ സ്വരൂപം എന്നാ അന്യത്ത് അസ്ഥി വേറെ ഒന്നുമില്ല ഭഗവാൻ ആത്മൈവ ഇതം സർവം सर्वं सर्वं ഇതം യദയമാത്മാർം ഖലു ഇതം ബ്രഹ്മ ഏകമേവദ്വിതീയം നേഹനാസ്തിക്കിഞ്ചന ഈശാവാസ്യ മഹാവാക് ഇങ്ങനെ സഹജമായി തുള്ളവൻ വിശ്വത്തിനെ മുഴുവനും ഭഗവത് സ്വരൂപമായിട്ട് കാണുന്നു ഭാഗവതം എഴുതാനായിട്ട് വ്യാസഭഗവാന് നാരദ മഹർഷി ഉപദേശം കൊടുത്തപ്പോ വ്യാസന്റെ അടുത്ത് പറഞ്ഞു വ്യാസരെ ആളുകൾക്ക് അറിയാത്ത ഒരു കാര്യമേ ഉള്ളൂ ഒറ്റ കാര്യമേ അറിയാനുള്ളൂ എന്താന്ന് വെച്ചാൽ ഇതം ഹി വിശ്വം ഈ വിശ്വം ഭഗവാന്റെ സ്വരൂപമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ അവർ മോളിക്കൂളാണ് ആറ്റം ആണെന്നൊക്കെ പറഞ്ഞ് പഠിക്കും എലക്ട്രോൺ ആണ് പ്രോട്ടോൺ ആണ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കും ഇതം ഹി വിശ്വം എന്ന് ബോധിപ്പിക്കാൻ ഒരാൾ വേണം ഇതം ഹി ഭഗവാൻ ഇവേതറോ ഇതരഹായവ ഭാതി തദ് സ്വയം വേദ അങ്ങക്ക് അറിയാം പറൻ എന്തിനാ മടിക്കുന്നത് പറയൂന്നാണ് അതിനുവേണ്ടി ഈ ഗ്രന്ഥം എഴുതുക എല്ലാത്തിനകത്തും ഈശ്വരൻ ഈശ്വരൻ എന്ന് തോന്നട്ടെ വന ഭഗവാൻ എന്ന് തോന്നട്ടെ ലെറ്റ് എവ്രിതിങ് ബിക്കം ഡിവൈൻ ദിവ്യമായിട്ട് തീരട്ടെ എന്ന് ബോധിപ്പിക്കാണ് ഇത് ഭഗവാൻ അർജുനന്റെടുത്ത് പറഞ്ഞു മയാ ത്യക്തമൂർത്തി അപസ്ഥോശ്വരം യോഗസ്ഥോ മൂതഭാവന ഭഗവാൻ അർജുനനോട് വ്യക്തമായിട്ട് പറഞ്ഞു ഹേ അർജുന എന്നാൽ ഈ വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കണോ ഈ കാണാനില്ലല്ലോ അവ്യക്തമൂർത്തിന ആത്മാവായിട്ടാണ് വ്യാപിച്ചിരിക്കണത് ഈ കണ്ണുകൊണ്ട് കാണുന്ന സാധനമായിട്ടല്ല ഈ ഭൂതങ്ങളൊക്കെ ഉണ്ടോ ഇതൊക്കെ എന്നിലാണ് ഇരിക്കുന്നത് പക്ഷെ വാസ്തവത്തിൽ അവയൊന്നും എന്നിൽ ഇല്ലാതാനും ഈ വളാമാലയൊക്കെ സ്വർണത്തിൽ ഉണ്ടോ സ്വർണത്തിനെ വളയായിട്ടും മാലയായിട്ടും മോതിരവാക്കിയോ ഒക്കെ മാറ്റി അല്ലേ ഇപ്പോ സ്വർണം പറയാണ് ഈ വളയും മാലയൊക്കെ എന്നിലാണ് ഇരിക്കുന്നത് എന്ന് പറയാൻ പക്ഷെ വാസ്തവത്തിൽ വളയും മാലയൊക്കെ നിന്നിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്നിൽ ഇല്ല ഉരുക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു വള മാലയാവും മാല മോതിരമാവും ഒക്കെ മാറും ഒന്നും എന്നിൽ ഇരിക്കുമ്പോ തന്നെ എന്നിൽ അതിന് നിരന്തരമായി ഇരിപ്പില്ല ഞാൻ മാത്രമേ ഉള്ളൂ അർജുന ഏകധൈവ അനുദ്രഷ്ടവ്യം എന്നൊക്കെ ഭഗവാൻ അർജുനന്റെ അടുത്ത് പറഞ്ഞു ഇപ്പൊ അർജുനൻ പറയണത് ഭഗവാനേ എനിക്ക് ആ വിശ്വരൂപം കാണിച്ചു തരൂ അതായത് വിശ്വത്തിനെ അവിടുത്തെ സ്വരൂപമായി ശക്തിയായിട്ട് എനിക്ക് കാണണം ഈശ്വര ശക്തി തുടിച്ചു നിൽക്കുന്നതായിട്ട് എനിക്ക് കാണണം ചില ഇനീഷ്യേഷൻ മന്ത്രദീക്ഷ അഥവാ സദ്ഗു ജ്ഞാനികളുടെ സന്നിധിയിൽ ചിലർക്കൊക്കെ കുറച്ചു നേരത്തേക്ക് ആ അനുഭവം ഉണ്ടാവും സ്വാമി രാംദാസ് ആനന്ദാശ്രമം കാഞ്ഞങ്ങാട് ഉണ്ടായിരുന്ന സ്വാമി രാംദാസ് ഭഗവാൻ രമണ ഭഗവാനെ കാണാൻ വന്നു അപ്പോ അപ്പോഴാണ് അദ്ദേഹം സന്യാസിയായി എല്ലാം വിട്ട് രാമനാമം ജപിച്ച് ഇങ്ങനെ പരിവരാജകനായി അലഞ്ഞി അലഞ്ഞി അലഞ്ഞി അലഞ്ഞി എത്തി ആശ്രമത്തിൽ വന്നു ഭഗവാനെ കണ്ടു ഭഗവാൻ അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് ഇരുപതിനും മുപ്പതിനും നടുവിലുള്ള സമയത്ത് ആശ്രമം ഒരു ചെറിയ കുടിയിലും ഒരു കുടിലും മാത്രമാണ് ആ സമയത്താണ് വന്ന് കാണുന്നത് മഹർഷിയെ വന്ന് കണ്ടു മഹർഷി ഒന്നും ഇണ്ടിയില്ല സംശയം ചോദിക്കാൻ ഒന്നുമില്ല ഉത്തമ സാധകന്മാർക്ക് ഒരു ഗുരുവിന്റെ അടുത്ത് നിന്നും സാന്നിധ്യത്തിന്റെ ബലം മാത്രമേ എടുക്കാനുള്ളൂ ആ സാന്നിധ്യമേ വേണ്ടു അവർക്ക് അറിയാനൊന്നുമില്ല അതുകൊണ്ട് ഒന്നും ചോദിച്ചില്ല അവിടെ ചെന്ന് വളരെ നേരം ഇരുന്നു പിന്നെ അവസാനം ഭഗവാന്റെ അടുത്ത് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഒരു ഭിക്ഷക്കാരനായിട്ട് നിൽക്കുകയാണ് എന്ത് ഭിക്ഷ എടുക്കണതെന്ന് വെച്ചാൽ അവിടുത്തെ കൃപ എനിക്ക് വേണ്ട എന്ന് അപ്പൊ ഭഗവാൻ അങ്ങനെ ഒരു ഒരു നോട്ടം നോക്കി ശരീരാഭിമാനികൾ മറ്റുള്ളവരെ ശരീരമായിട്ട് നോക്കും മനസ്സിൽ നിൽക്കണവര് മറ്റുള്ളവരെ മനസ്സിൽ നോക്കും ബ്രെയിനിൽ നിക്കണവര് ബ്രെയിനിൽ നോക്കും സ്വയം ആത്മാവായി നിക്കണവൻ ആത്മാവനെയാണോ നോക്കുന്നത് അത് റിസീവ് ചെയ്യാനുള്ള പവർ ഉണ്ടെങ്കിൽ കിട്ടും പക്വമായിരുന്നു സ്വാമി രാമദാസ് ആ സമയത്ത് അഗ്നി കൊളുത്തി മേലെ ഇട്ടപോലെ ആയി നേരെ മലയുടെ മുകളിൽ ഗുഹയിൽ ചെന്ന് ഏകദേശം പത്തിരുപത് ദിവസത്തിലധികം ആ ഗുഹയിലിരുന്ന് ധ്യാനത്തിലിരുന്നു രാമനാമം ജപിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് ഒരു ദിവസം പുറത്തു വരുമ്പോ ആ ഉള്ളിലുള്ള ആനന്ദം ഉള്ളിലുള്ള പ്രകാശ ഇന്ദ്രിയങ്ങളിലൂടെ എങ്ങനെ പുറത്തേക്ക് വ്യാപിക്കാൻ കാണുന്നതൊക്കെ നോക്കുമ്പോ ഒക്കെ ഈശ്വരസ്വരൂപമായിട്ട് സ്പന്ദിച്ചുകൊണ്ടിരിക്കുക മരം കാണാനില്ല മല കാണാനില്ല ആകാശം ഭൂമി എല്ലാം ചൈതന്യമയമായിട്ടിരിക്കുക ചൈതന്യസ്ഫൂർത്തി ആയിട്ടിരിക്കുക ആനന്ദത്തിൽ തുള്ളി കളിച്ച് വിറകു കൊണ്ടുപോകുന്ന ഒരു പയ്യനെ ചെന്നുപോയിട്ട് കെട്ടിപിടിച്ചു സന്തോഷത്തിൽ പിന്നാലെ സ്വാമി രാമദാസ് തന്നെ പറയണു ആ പയ്യൻ പേടിച്ചുപോയി പിന്നെ എന്നെ സൂക്ഷിച്ചു നോക്കി എന്റെ വായു പല്ലൊന്നുമില്ല അതുകൊണ്ട് ഞാൻ കടിക്കില്ലാന്ന് ഉറപ്പായി തമാശ ആയിട്ട് പറഞ്ഞതാണെങ്കിലും ആനന്ദം പക്ഷെ ആ ആനന്ദം ഒരു ഗ്ലിംസാണ് അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാലം അദ്ദേഹത്തിന് പരിശ്രമിക്കേണ്ടി വന്നു ആ സ്റ്റേജിൽ നിൽക്കാനായിട്ട് അതൊരു ഗ്ലിംസ് മാത്രമാണ് പിന്നെ പിന്നാലെ വളരെ കാലത്തിന് ശേഷം അദ്ദേഹത്തിനടുത്ത് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് തമിഴ് മഹർഷി അങ്ങേക്ക് തന്ന പോലെ ഞങ്ങൾക്കും തന്നുകൂടെ ഞാൻ എങ്ങനെ അവിടെ പോയോ അതുപോലെ നിങ്ങളും വന്നാ കിട്ടും അപ്പൊ ഒരിക്കല് ഒരു ഭക്തൻ പറഞ്ഞു ഞങ്ങളെ അങ് എക്സ്പെക്ട് ചെയ്യരുത് അങ്ങയെ പോലെ ഞങ്ങള് ഭഗവാന്റെ അടുത്ത് പോയ പോയ പോലെ ഞങ്ങൾ വരണം എന്ന് പ്രതീക്ഷിക്കരുത് ഞങ്ങൾക്ക് ആ യോഗ്യത തന്ന് ഞങ്ങളെ കൊണ്ട് അത് സ്വീകരിപ്പിക്കണം എന്നോ അപ്പൊ ഒരു ദിവസം എന്തോ ഒരു മൂഡില് സ്വാമി ഒരു അഞ്ചാറ് പേരുണ്ട് എല്ലാവരുടെ മുമ്പിലും പറഞ്ഞു ഇന്ന് ഞാൻ തയ്യാറാണ് നിങ്ങൾക്കൊക്കെ ആ തരാൻ ആരാ ധൈര്യമുള്ളതെന്ന് വെച്ചാൽ എഴുന്നേറ്റ് വരുമെന്നു ഒരു പ്രത്യേക മൂഡിൽ ഒരാളും എഴുന്നേറ്റില്ല ഒരാളും എഴുന്നേറ്റില്ല എന്താന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് വൻ യു എൻകൗണ്ടർ ഇറ്റ് അപ്പോ യൂ നമ്മളുടെ പേഴ്സണാലിറ്റി വ്യക്തിത്വം ഒക്കെ പോയിപ്പോ അഭയേ ഭയദർശിന എന്താവും നാളെ ഒരുപാട് കാര്യമുണ്ട് എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്തായി പോവോ ഒരു പേടി ഒരാൾ വേണീട്ടില്ല അതാണ് ഗൗഡപാദർ പറഞ്ഞു ഭയപ്പെടാൻ പാടില്ലാത്തതിനെ ഭയപ്പെടുന്നു അഭയേ ഭയദർശന മൂന്ന് പ്രാവശ്യം പറഞ്ഞു ടുഡേ രാംദാസ് ഇസ് റെഡി ടു ഗിവ് ഇറ്റ് മൂന്ന് പ്രാവശ്യം ആരും എണീറ്റില്ല അപ്പോ വിശ്വം എന്നുള്ള വാക്കിനെ തന്നെ അർത്ഥം വിശത്തെ പ്രവേശനാ തത്സൃഷ്ടു പ്രാവിശത്ത് എന്നുള്ളതിനാണ് വിശ്വം വന്നിരിക്കുന്നത് ഈശ്വരൻ ഇതിനെ സൃഷ്ടിച്ച് അതിനകത്ത് താൻ തന്നെ സ്വയം പ്രവേശിച്ച് അതായിട്ട് ഇരിക്കണം എന്നാണ് വേദം പറയണത് തത്സൃഷ്ടുപ്രാവിശത്ത് തദ്പ്രവിശ്യ സച്ചാഭവത്ത് നിരുക്തഞ്ചാ നിരുതം ചിലയനഞ്ച നിളയനഞ്ച് വിജ്ഞാനം ചവിജ്ഞാനം ചത്യഞ്ച അനൃതഞ്ച് എല്ലായിട്ട് തീർന്നു എന്നാണ് സൃഷ്ടിച്ച് പ്രവേശിച്ചിട്ട് സത്തും അസത്തും നിരൂപിക്കാൻ സാധിക്കുന്നതും നിരൂപിക്കാൻ സാധിക്കാത്തതും നിലനിൽപ്പുള്ളതും നിലനിൽപ്പില്ലാത്തതും സത്യമും കള്ളമും എല്ലാവായിട്ട് സ്വയം താൻ തന്നെ നിൽക്കുന്നു ആ വിശ്വത്തിന് ആ ഭഗവാന്റെ ചൈതന്യശക്തി സ്ഫുരിച്ചു നിൽക്കുന്നതായിട്ട് കാണാനുള്ള ആഗ്രഹമാണ് അർജുനൻ ഇവിടെ പ്രകടിപ്പിച്ചത് അതിന് ഭഗവാൻ ദ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഏവ മുക്വാ തോ രാജൻ മഹായോഗേശ്വരോ दर्शयामास ദർശയാമാസ പാർത്ഥായ പരമം അനേക വക്നയനം അനേകുതർശനം അനേക ദിവ്യഭരണം ദിവ്യനേകോദ്യതുധം ദിവ്യമാലയാംബരധരം ദിവ്യഗന്ധാന സർവാശ്ചര്യമയം ദോ ദിവിസഹസ്രിയ ഭദ്യുഗപദുത്ഥിതദൃശീ സാ സാദ് ഭാസസ്ഥാത്മന സഞ്ജയൻ പറഞ്ഞു ആയിരക്കണക്കിന് സൂര്യന്മാരൊന്നിച്ചുച്ച പോലെ ഒരു പ്രകാശം ഞാൻ കാണുന്നു അങ്ങനെ ഒരു യോഗദർശനം സഞ്ജയൻ ഉണ്ടായി സഞ്ജയൻ പറയാണ് അങ്ങനെ അടുത്ത ശ്ലോകം നോക്കുക തത്രേകസ്ഥം ജഗത്കൃഷ്ണം വിഭക്തമനേകഥ്യാണ്ഡവസ്താം ദേവദേവനായ ഭഗവാന്റെ ശരീരത്തില് ആ പാണ്ഡവൻ ജഗത്കൃസ് പശ്യത്ത് നമുക്കൊരു ഭക്തി ചെയ്യുമ്പോ ഒരു സാലഗ്രാമത്തില് വിശ്വം മുഴുവനും അതിനകത്തുണ്ട് തത്ര ഏകസ്തം ജഗത്കൃസ്തം പ്രവിഭക്തമനേകഥ ഒരേ വസ്തു അനേകങ്ങളായിട്ട് കാണപ്പെടുന്നതൊക്കെ ഏകസ്ഥം അപശ്യം ഒരേ അധിഷ്ഠാനത്തില് അനേക നാമരൂപങ്ങളോടുകൂടെ പിരിഞ്ഞിരിക്കുന്നത് മുഴുവൻ ഒരേ അധിഷ്ഠാനത്തിലാണ് ഇരിക്കുന്നത് ഈ വിശ്വം മുഴുവൻ ഏത് അധിഷ്ഠാനത്തിലായിരിക്കുന്നത് ഞാനുണ്ട് എന്നുള്ള അനുഭവത്തിലാണ് പ്രപഞ്ചം മുഴുവൻ അറിയപ്പെടുന്നത് ഉണ്ട് എന്നുള്ള അനുഭവരൂപമായ ബോധത്തിലാണ് പ്രപഞ്ചം വൈകുണ്ഠമോ കൈലാസമോ എന്തൊക്കെ കാണണമെങ്കിലും എല്ലാം ഈ അധിഷ്ഠാനത്തിൽ അസ്തിത്വത്തിൽ ചിപ്രകാശത്തിലാണ് അറിയപ്പെടുന്നത് ആ ചിപ്രകാശത്തിൽ ഏകസ്ഥം ഒരേ സ്ഥലത്ത് ക്രിസ്നം ജഗത് കംപ്ലീറ്റ് ഹോൾ യൂണിവേഴ്സ് പ്രവിഭക്ത മനേകഥ അനേകമായിട്ട് പിരിഞ്ഞിരിക്കുന്ന ജഗത്ത് മുഴുവൻ അപശ്യത് കണ്ടു ദേവദേവസ് ശരീരെ ആ ദേവദേവനായ ഭഗവാന്റെ ദിവ്യ ശരീരത്തിൽ കണ്ടു ആര് കണ്ടു പാണ്ഡവ ആ അർജുനൻ കണ്ടു എല്ലാത്തിനെയും അവിടെ കണ്ടു അങ്ങനെ കണ്ടിട്ട് എന്തായി തസ്മയാവിഷ്ടോ ഹൃഷ്ടരോമാധനഞ്ജയ പ്രണമ്യ ശിരസിരഭാഷത ഭഗവാന്റെ വൈഭവം കാണത് എന്തിനാന്ന് വെച്ചാൽ അപഭക്തി സറെഡർ ഈശ്വരൻ ശക്തി കാണുമ്പോ വീര്യം കാണിച്ചു കഴിഞ്ഞാൽ അരുണാചല അക്ഷരമണിമാലയിൽ ഒരു പാട്ട് വരും അരുണാചലേശ്വരൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എന്റെ ധൈര്യത്തിനെ വീര്യത്തിനെ എൻ്റെ അടുത്ത് കാണിച്ചതോടുകൂടെ ശയക്കറ്റതെന്റെ ചുമ്മാരുന്നായി അരുണാചല വെൻ പവർലെസ് ആയിട്ട് തോന്നുന്നു ഈശ്വരന്റെ വൈഭവം കാണുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഈശ്വരന്റെ ഒരു വൈഭവാണേ പല അനുഭവങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുന്നത് എന്തിനാന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ അടുത്ത് ഒരു കാര്യം പറയും നീ ഒന്നുമല്ല നീ ഒന്നുമല്ല അതാണ് പലപ്പോഴും ജീവിതത്തിൽ ഈ അനുഭവങ്ങളൊന്നും വന്നിട്ടില്ലാത്തവർ അപക്വമായിട്ടിരിക്കും എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തോ ആണെന്നുള്ളൊരു ധാരണയുണ്ടോ മഹത്ഭയം വജ്രമുദ്യത്തം വേദന്തിന് പറഞ്ഞത്ത് ദേവൻ കൈയിൽ ഒരു വജ്രവും വെച്ചുകൊണ്ടിരിക്കുന്നു എന്തിനാന്ന് വെച്ചാൽ അഹങ്കാര സർജറി സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലൈസേഷൻ ഇൻ ഈഗോ സർജറി ജീവിതത്തില് ഓരോരുത്തരും ചെറുപ്പകാലത്താവുമ്പോ അങ്ങനെ തണ്ട് നല്ല ബലമായിട്ടിരിക്കണു അത് കുറച്ച് ഓടിക്കഴിയുമ്പോ ആൾ നനഞ്ഞ പൂച്ച പോലെയാവും എന്താ പറ്റിയ ഒന്നുമില്ല അല്ലേ അതാണ് ആ ഒരു ഉഗ്രരൂപത്തിനെ കാണുമ്പോഴാണ് അത്ര പേടി തോന്നിയിട്ട് ആളുകളൊക്കെ നമസ്തേ രുദ്രമന്യവ ഉതോത ഇഷവേ നമ നമസ്തേ ധന്വനേ ബാഹുഭ്യാതേ നമ യാതു ശിവതമാശിവം ബഭൂവ തേ ധനു ശിവായാതയാനോ രുദ്രമൃഢയാദ്രശിവാനൂഹ ശിവാ വിശ്വാഹേഷജി ഭഗവാന്റെ ശരീരമുണ്ടല്ലോ ഒരു മരുന്ന് എന്നാണ് യാതേ രുദ്രശിവാതൂ മംഗളമായ അവിടുത്തെ സ്വരൂപം വിശ്വാഹഭേഷജി ഈ വിശ്വത്തിനു മുഴുവൻ ഒരു മരുന്ന് പക്ഷേ ചെല മരുന്നൊക്കെ ഇപ്പൊ കടുക്ക വളരെ നല്ലതാണ് ഉള്ളിൽ പോയി തകട്ടിട്ട് വരും ഒരു കടുക്കയ്ക്ക് തുല്യം പത്ത് അമ്മമാര് പോലും ഇല്ല എന്നൊക്കെയാണ് പറയണത് പക്ഷെ കഴിക്കാൻ പറ്റട്ടെ അപ്പൊ ഭഗവാൻ കയ്യില് ഭഗവാന്റെ കോപം അനുഗ്രഹമാണ് ചെലപ്പോ കോപിക്കും അനുഗ്രഹമാണ് അയ്യോ നമസ്തേ രുദ്രമന്യവ അവിടുത്തെ കോപത്തിനൊരു നമസ്കാരം അവിടുത്തെ കയ്യിലുള്ള അമ്പ് വില്ല് ഒക്കെ ഉണ്ടല്ലോ അതിനൊക്കെ നമസ്കാരം ആ ഞാനൊക്കെ ഇത്തിരി വെക്കൂ എന്നാണ് ബുള്ളെറ്റൊക്കെ വെളിയിലെടുത്ത് വെക്കൂ എന്റെ മേലെ പ്രയോഗിക്കണ്ടെന്ന് മറ്റു പലരുടെയും ജീവിതം കാണുമ്പോ തോന്നു അയ്യോ ഇത് എന്റെ മേലെ എവിടെങ്കിലൊക്കെ വന്നാലേ ഞാൻ എന്താവും അപ്പൊ ഈശ്വരന്റെ അടുത്ത് പ്രാർത്ഥിക്കാണ് ഭഗവാന് അവിടുത്തെ അമ്പിനു നമസ്കാരം അവിടുത്തെ വില്ലിന് നമസ്കാരം കയ്യിലൊക്കെ ഓരോ സാധനം ഉതോത ഇഷപേനമഹ അങ്ങക്ക് നമസ്കാരം അതൊക്കെ ഒത്തിരി ഒന്ന് കൈ ഭംഗിയായിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കൂ എന്നാണ് കയ്യിലൊന്നും വേണ്ട എന്തെങ്കിലും പ്രയോഗിക്കേണ്ട എന്റെ മേലെ എന്ന് പറയാം ഈശ്വരൻ ആ വിശ്വരൂപദർശനം ആ പവർ കാണുമ്പോ ശക്തി കാണുമ്പോ വൈഭവം കാണുമ്പോ ഈ ജീവൻ എന്തു പറ്റണു യാളുടെ ഈഗോ ജീവിക്കുന്നത് തന്നെ തനിക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ പോയി കാറ്റഴിച്ചു വിട്ട ബലൂണ് പോലെ പോയി അർജുനന് തന്റെ ശക്തിയിൽ ഒരു അഭിമാനമുണ്ട് അപ്പോഴാണ് കാണുന്നത് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ വൈഭവം ഈശ്വരന്റെ മൂർത്തി അങ്ങനെ കണ്ടപ്പോ ആ ശക്തി കണ്ടപ്പോ അപ്പൊ അറിയണു താൻ ഒന്നുമല്ല എന്നറിയാണ് അതാണ് അർജുനൻ അവിടെ പറഞ്ഞത് തതസ്സ വിസ്മയാവിഷ്ടം ആ വിസ്മയിച്ചിട്ട് ഹൃഷ്ടരോമ ശരീരത്തിലൊക്കെ രോമാ രോമരാജികളൊക്കെ അങ്ങനെ എഴുന്നേറ്റ് നിൽക്ക ആനന്ദം കൊണ്ട് ധനഞ്ജയ വലിയ ധനഞ്ജയനാണേ വലിയ കുപ്പ ഒരുപാട് ആളുകൾ ധനഞ്ജയന്മാരാണ് ധാരാളം ധനഞ്ജയിച്ച് ബാങ്കിലിട്ട് വച്ചിട്ടുണ്ട് ഹൃഷ്ടരോമാ ധനജയ ശിരസാദേവം വീണങ്ങൾ നമസ്കരിച്ചു കൃതാഞ്ജലി കൈകൂപ്പി നിന്നു അഭാഷ കൈകൂപ്പി നിന്നുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു എന്താന്ന് വെച്ചാൽ മുമ്പില് ആ വിഷൻ ദർശനം ഉണ്ടാവണം ഈശ്വരന്റെ വൈഭവത്തിന്റെ വിശ്വരൂപത്തിന്റെ ദർശനം അർജുനന്റെ വാക്കിലൂടെയാണ് നമ്മൾ ഇനി കാണുന്നത് അർജുനോ വാച पश्यामि പശ്യേവാവ ദേ സർവാഭൂതവിശേഷ സഘാൻ कमलासनस्थं കമലസനസ്ഥീംശ സർവാൻ ഉരഗാശ ദിവ്യൻ പ്ലെയിൻ of consciousness മാറി അൺസെറ്റിൽഡ് ആയി വിഷൻ അതായത് ഇപ്പൊ നമുക്ക് ഇങ്ങനെയേ ഉള്ളൂ ഇവിടുന്ന് പോണുമ്പോ പാലക്കാട് പോണു കൊച്ചി പോണു ഇന്ന ആളുകളെ കാണുന്നൊക്കെ ആയില്ലേ ഇപ്പൊ സഡനായിട്ട് ഇവിടുന്ന് പാലക്കാട് പോയി അവിടെ പോയി നോക്കുമ്പോൾ ന്യൂയോർക്ക് ആണെങ്കിൽ എങ്ങനെയുണ്ടാവും തൽക്കാലത്തേക്ക് ഒക്കെ സോളിഡ് ആയിട്ട് ഇരിക്കണത് കൊണ്ട് ഇന്ന വസ്തുവായിട്ട് ഇരിക്കണു എന്നുള്ള ഒരു നമ്മളുടെ ബുദ്ധിയുടെ ലിമിറ്റേഷൻ അനുസരിച്ച് ദൃശ്യപദാർത്ഥങ്ങൾ പരിണമിക്കാതെ ഇരിക്കുന്നിടത്തോളം നമ്മൾക്ക് ബാലൻസ് ഉണ്ട് എന്നർത്ഥം അല്ലേ നമ്മളുടെ അവിടെ ഒരാള് കുറച്ചധികത്തിന് ടെൻഷൻ ഡിപ്രഷനൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ മഴ വരണു അദ്ദേഹത്തിന് ഒരു കടയൊക്കെ ഉണ്ട് വൈകുന്നേര സമയത്ത് കടയിൽ കയറി അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ടെൻഷനും ഡിപ്രഷനും ഒക്കെയാണ് വിഷമാണോ പാവം കടയിൽ കയറി നോക്കുമ്പോ കടയിൽ ഗണപതിയും മുരുകനും ഇരിക്കണു അങ്ങോട്ടുള്ള കടയിൽ നോക്കിയപ്പോ ശിവനും പാർവതി ഇരിക്കണു വേറെ ഒരു കടയിൽ നോക്കുമ്പോ യമൻ ഇരിക്കണു ഞെട്ടിപ്പോയി അല്ലെങ്കിൽ തന്നെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ട് മരുന്നൊക്കെ കഴിക്കണുണ്ട് വിഷമുണ്ട് താൻ മരിച്ചു എന്ന് വിചാരിച്ചു കുറച്ചു നേരത്തേക്ക് പിന്നെയാണ് മനസ്സിലായത് വിഷുവേലയ്ക്ക് വേഷം കെട്ടിയിട്ട് മഴ വന്നപ്പോ കയറിയിരുന്നതാണ് ശരിക്കും നടന്ന ഇൻസിഡൻ്റ് ആണ് വളരെ പെടിച്ചുപോയി അദ്ദേഹം പറഞ്ഞു ഞാൻ കുറച്ചു നേരത്തേക്ക് ശരിക്കും പേടിച്ചുപോയി കാരണം മരുന്ന് അല്ലെങ്കിൽ തന്നെ എന്തോ ഒരുമാതിരി സെറ്റിൽഡല്ലാതിരിക്കുകയാണ് അപ്പോഴാണ് കടയിൽ നോക്കുമ്പോൾ മുരുകനും ശിവനും ബ്രഹ്മ യമനും ഒക്കെ ഇരിക്കണത്ര മഴ വന്നപ്പോ അവരൊക്കെ കയറി കടയിലിരുന്നു പെട്ടന്ന് യു സീ സമദർ വേൾഡ് അല്ലെ മഹാത്മാക്കളുടെ പലരുടെയും ദർശനം ഉണ്ടായിരുന്നു ആ ദർശനമൊന്നും ചിലപ്പോഴൊക്കെ നമ്മളുടെ കണക്കിന്റെ ഉള്ളിലൊന്നും വരില്ല നമ്മളുടെ ലിമിറ്റേഷൻ്റെ ഉള്ളിലൊന്നും വരില്ല ഉപാസനാ മൂർത്തിയുടെ ഉള്ളിൽ വിശ്വം മുഴുവൻ കാണും ഭഗവാൻ അരുണാചലേശ്വരനെ വെച്ചുകൊണ്ട് ഭഗവാൻ രമണ മഹർഷി പറഞ്ഞു വിശ്വ മുഴുവൻ അരുണാചലാ നിന്നിൽ ഉദിച്ച് നിന്നിൽ നിന്ന് നിന്നിൽക്കുന്നു ചിത്തിരമാതെല്ലാം ചെമ്മലയേ നാലേ ഉത്തിതമായി നടുങ്കിടുമൽ നിത്യമും നാൻ ഇതയം നടിത്തിടുവയൽ ഉണ്ടേർ താൻ ഇതയം താം വിശ്വം മുഴുവൻ ഉദിക്കണോ നിൽക്കണോ അസ്തമിക്കണോ എന്ന് പറഞ്ഞാൽ ഒരു മലയിൽ എങ്ങനെയാണ് ഉദിക്കും എങ്ങനെ നിൽക്കും അസ്തമിക്കും ഒരു ചെറിയ മൺ തരയിൽ യൂസ് ഈ ദി എൻടയർ യൂണിവേഴ്സ് ഒരു ഡസ്റ്റ് ഒരു പൊടി ആ ദർശനമാണ് ഇവിടെ അർജുനന് പശ്യാമി ദേവാന് ദേവന്മാരെയൊക്കെ കാണുന്നു നമ്മൾ വിചാരിക്കാൻ ഈ ലോകം മാത്രമേ ഉള്ളൂ എന്നാണ് അതാണ് നമ്മളുടെ ലിമിറ്റേഷൻ ശ്രുതി തന്നെ പറയുന്നത് അയം ലോകൻ യമൻ നച്ചേതസിന്റെ അടുത്ത് പറയുകയാണെ നച്ചേതസ് ഈ ലോകം മാത്രം സത്യം വേറെ ഒന്നും ഇല്ലാന്ന് ധരിച്ചിരിക്കുന്നവൻ എന്റെ ലോകത്തിലേക്ക് സീസൺ ടിക്കറ്റ് എടുത്തിരിക്കുകയാണെന്നാണ് വന്നു പോയി കൊണ്ടേയിരിക്കും അയം ലോകോ നാസ്തി പര ഇതി വാണി പുനഃ പുനഃ വശമാ പശ്യാമി ദേവാന് അനേക ദേവതകൾ ഭൂതവിശേഷ സംഘാന് ഭൂതങ്ങള് പലവിധത്തിലുള്ള ജലായുജം അണ്ടജം ഉദ്ഭിജം സ്വേതജം എന്ന് പറയുന്ന പ്രാണിജാതങ്ങളെയൊക്കെ ഭഗവാന്റെ ശരീരത്തില് ഉദ്ഭവിക്കണമെന്ന് നിൽക്കുന്നതായിട്ടൊക്കെ കാണുന്നു ദേവതകളെയും കാണുന്നു ബ്രഹ്മാണമീശം ബ്രഹ്മാവിനെ കാണുന്നു കമലാസനസ്ഥനായ ബ്രഹ്മാവിനെ സൃഷ്ടിക്കർത്താവായ ബ്രഹ്മാവിനെ കാണുന്നു പത്മാസനസ്ഥനായ ബ്രഹ്മാവിനെ കാണുന്നു ബ്രഹ്മലോകം സാധാരണ മനുഷ്യർക്ക് പ്രവേശമില്ലാത്ത ലോകമാണ് അതുവരക്കുമുള്ള ലോകം ജനനം മരണം ജനനം മരണം എന്നുള്ളതാണ് അതിനകത്തേക്ക് എൻട്രി ആയ തിരിച്ചിങ്ങട്ട് വരാൻ പറ്റില്ല ആ ബ്രഹ്മാവിന്റെ വിഷനും അർജുനനും ഇവിടെ കിട്ടുകയാണ് ഇതൊക്കെ ഇപ്പൊ ശാസ്ത്രം മാത്രമാണ് നമുക്ക് പ്രമാണം ഇതിലൊന്നും നമ്മളുടെ യുക്തി ലോജിക് ഒന്നും ഉപയോഗിക്കാനേ പാടില്ല ഇതൊക്കെ ദേവതകളൊക്കെ സത്യം നിങ്ങളൊക്കെ എങ്ങനെ സത്യമോ അതുപോലെ നിങ്ങളൊന്നുമില്ല ബ്രഹ്മം മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞാൽ ദേവതകളൊന്നുമില്ല സകലതും ബ്രഹ്മസ്വരൂപമാണ് അതുകൊണ്ട് ബ്രഹ്മാവിനെ കണ്ടു ഋഷീംശ സർവാന് അനേകം ഋഷികളെ കണ്ടു ദിവ്യമായ സർപ്പങ്ങളും ഉരകങ്ങളെയൊക്കെ കണ്ടു ഋഷിംശ സർവാന് ഉരകാംശ ദിവ്യാണ് അനേക ദിവ്യ മഹർഷിമാരെയൊക്കെ ഭഗവാന്റെ ശരീരത്തിൽ കണ്ടു ഇതൊക്കെ തന്നെ ഒരു അലൗകിക ദർശനം അതായത് ഈ ലോകത്തുനിന്ന് മാറി ഷിഫ്റ്റായി വിഷനിൽ അനേക ദിവ്യ ദർശനങ്ങളൊക്കെ കയറി